കണ്ണൂർ നാടകം ദ ലോസ്റ്റ് ചാപ്റ്റർ രചന സംവിധാനം വിനോദ് ബാബു എച്ച് പശ്ചാത്തല സംഗീതം സുദർശൻ നിർവഹണ സഹായം വിനീതാ സുമം എ ടി നിത്യ ശബ്ദം നൽകിയവർ ഉദിനൂർ ബാലഗോപാലൻ വിനീതാ സുമം മഞ്ജിമാ മോഹൻ ഒ റൈസ് എസ് ആർ മായ ഹലോ ശ്വേത ഗുഡ് മോർണിംഗ് ഹായ് അശ്വതി ഗുഡ് മോർണിംഗ് പറ എന്തൊക്കെയുണ്ട് എന്താ രാവിലെ തന്നെ ഒന്നുമില്ല ഞാനൊരു ഡോക്ടർ ആയി പോയില്ലേ വന്നു വന്ന് നിന്റെ ആരോഗ്യത്തെ കുറിച്ച് നിന്നേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഞാനാണല്ലോ അതുകൊണ്ടാണ് ഫോൺ ചെയ്തത് കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ ചെക്കപ്പിന് നീ വന്നില്ല ഇതാ ഇന്നും നിന്റെ ചെക്കപ്പ് മിസ് ചെയ്തു എന്താ ഇത് ശ്വേത നീ ഒട്ടും തന്നെ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഓ മറന്നുപോയി അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അടുത്താഴ്ച എന്തായാലും വരാം ഓക്കെ ആ പിന്നെ മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഇല്ല അശ്വതി നീ തന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് പോരാട്ടുണ്ട് ഇഷ്ടായോ ആ കുഴപ്പൊന്നുമില്ല നല്ല ശാന്തമായ സ്ഥലം ഈയൊരു ചേഞ്ച് എനിക്ക് നല്ല ഇഷ്ടമായി ആ പിന്നെ മഞ്ജുള ചേച്ചി കൂടെയുള്ളത് വല്യൊരു ആശ്വാസം പിന്നെന്താ അങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല ഇവിടെ അടുത്തുള്ള പാർക്ക് വരെ ഒന്ന് നടന്നാലോന്നൊരോചന ഓക്കെ ഫൈൻ ോ എന്റെ <laughs> <laughs> <laughs> ഇത് നിങ്ങൾ നായയാണോ യെസ് ഐ എം സോറി ആരാ നിങ്ങള് ലക്കി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ അങ്ങനെയൊന്നുമില്ല ഞാനിവിടെ ഈ ബെഞ്ചിലിരുന്ന് വായിക്കുവായിരുന്നു അപ്പോ ലക്കി എന്റെ വന്ന് കയറി അത്രേ ഉള്ളൂ അവനെ അതിന് നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ എന്നെ നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല പക്ഷേ അറിയാം അതെ പക്ഷേ എന്തല്ലേ കി എന്നെ പരിചയമില്ലാത്തവരോട് ഇങ്ങനെ ഇടപഴകി കണ്ടിട്ടില്ല ഐ എം സോറി എനിക്കിപ്പോൾ കാഴ്ചശക്തിയില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആക്സിഡന്റിൽ എന്റെ കാഴ്ച നഷ്ടമായി ഓക്കേ എനിക്കറിയാം മാഡം ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു ഐ ആം റിയലി സോറി ഇഫ് യു ഡോണ്ട് മൈൻ ഈ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചുവെന്ന് എന്നോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ സോറി ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കാനും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ റിക്കവറായിട്ട് വരുന്നേയുള്ളൂ ഹേയ് നോ പ്രോബ്ലം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഐ ആം അരവിന്ദ് ഒരു ഐ കൺസൾട്ടന്റ് ആണ് എന്റെ ഓഫീസും വീടും ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ ചില നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഓ അതെയോ യു ഡോൺ മൈ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ചു ദൂരം നടന്നോട്ടെ ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ അല്ല അരവിന്ദ് എന്റെ നോവലുകൾ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ അതിനെ അഭിപ്രായം ഓ നോവലുകളെ അരവിന്ദ് പറയൂ എന്റെ ബുക്സ് വായിക്കുന്നവര് മിക്കവരും അവരുടെ അഭിപ്രായങ്ങൾ ലെറ്ററിലൂടെയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്നെ അറിയിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് ആർക്കും നേരിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ഞാൻ അരവിന്ദിനോട് ചോദിച്ചത് ഓക്കെ പറയാം പക്ഷെ അതിനു എൻ്റെ ഒരു ചോദ്യത്തിന് ശ്വേതം മറുപടി തരണം ചോദ്യോ എന്നെ സംബന്ധിച്ചോളം ഒരെഴുത്തുകാരന് ജയവും പരാജയവും ഇല്ല ഇതൊരു യാത്ര അത്രേ ഉള്ളൂ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്കും കഴിവിനൊക്കെ അനുസരിച്ചായിരിക്കും അത് ഇത് എന്റെ സ്വന്താഭിപ്രായമാണ് അരവിന്ദ് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാ ഓക്കെ നിങ്ങളുടെ യാത്രയെ കുറിച്ച് പറയാമോ ഇപ്പോഴത്തെ അവസ്ഥയില് അങ്ങനെയൊരു യാത്ര എനിക്കില്ല അത് മാത്രല്ല ആ അപകടത്തിന് ശേഷം പൂർണ്ണ മനസ്സോടെ എഴുതാനും പറ്റുന്നില്ല അതിനുള്ള മൂടും എനിക്കിപ്പോഴില്ല ഞാൻ നിങ്ങളുടെ ബുക്സ് വായിച്ചെന്ന് പറഞ്ഞില്ലേ അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഇല്ലെന്നേ പറഞ്ഞ അതായത് നിങ്ങളുടെ രചനകളിൽ സ്ത്രീകഥാപാത്രങ്ങൾ അസ്വാഭാവികമായിട്ട് പെരുമാറുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്റെ കാഴ്ചപ്പാട് ഇതാണ് സ്വാഭാവിക ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ പകർത്താൻ ചില എഴുത്തുകാർ തയ്യാറാകുന്നില്ല അവരുടെ കഥാപാത്രങ്ങൾക്ക് പ്രകൃതിയേക്കാൾ ശക്തിയുള്ളതായി കാണിക്കുന്നു ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അസാമാന്യമായ കഴിവുള്ളവരായും കാണിക്കുന്നു എന്താ അരവിന്ദ് പറഞ്ഞു വരുന്നത് ചില എഴുത്തുകാർ കുറഞ്ഞ കാലളവിൽ പേരും പ്രശസ്തിയും കിട്ടാൻ അധികം അല്ല അതങ്ങനെയല്ല കഥകൾ എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ല കഥാ തന്തുവിനുസരിച്ചാണ് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അവര് ചില നേരങ്ങളിൽ സ്വാഭാവികമായിട്ടും മറ്റു ചിലപ്പോ അസ്വാഭാവികമായും പ്രതികരിക്കും എല്ലാത്തിനുമുപരി ഓരോ കഥയും ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കണമെന്ന് ഒരെഴുത്തുകാരൻ ആഗ്രഹിക്കുകയും ചെയ്യും ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കണം എന്നതിലുപരി വേഗത്തിൽ എത്തിക്കുക എന്നതാണ് ചില എഴുത്തുകാരുടെ വിചാരം എനിക്കത് അംഗീകരിക്കാനാവില്ല എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അരവിന്ദനോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല മറ്റെഴുത്തുകാരുടെ കാര്യം വിട എന്റെ പുസ്തകങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം പ്ലീസ് ഇതൊരു ആർഗ്യുമെന്റായിട്ട് കരുതണ്ട മനസ്സിൽ തോന്നി ചോദിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഒരു പുസ്തകത്തെ റിവ്യൂ ചെയ്യാനുള്ള അറിവോ പക്വതയോ എനിക്കില്ല നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും നിങ്ങളുടെ സ്ത്രീ കഥാപാത്രങ്ങൾ അസ്വാഭാവികമായി പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നി കഴിവ് നിങ്ങൾക്കില്ലാന്ന് പറഞ്ഞത് പിന്നെ കാണാം തീർച്ചയായും എന്താന്നറിയില്ല ഒരു മാതിരി തലവേദന What? Are you all right? Ah, accident initiation, I have a migraine. Sure? I'll be fine. Don't worry. Are you sure? How are you sure? Come on. Hey, no, thanks. Where are we from? This is a little bit of a distance in the park. It's on the 2nd cross street. Oh, okay, fine. I'm going to leave. I'm going to leave. Okay. അശ്വതി പറഞ്ഞിരുന്നില്ലേ പാർക്കിൽ പോകുന്ന കാര്യം അവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ആണോ പേര് അരവിന്ദ് ന്റ് ആണെന്നാ പറ ഞാനവനാദ്യാ മീറ്റ് ചെയ്യുന്നത് ലക്കി അവന്റെ അടുത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി നല്ല പരിചയമുള്ള ഒരാളോടെ ഇന്ന് പോലെയാ ലക്കി അവനോട് പെരുമാറിയത് ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി നനക്കറിയാലോ നമ്മുടെ ലക്കിയുടെ സ്വഭാവം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തുള്ള അവന്റെ പെരുമാറ്റം എന്താണെന്നറിയാലോ ഇത് ഐ വസ്റ്റ് ഇല്ലെന്നേ എനിക്കൊട്ടും അറിയില്ല അതല്ല സംസാരിച്ചത് ആ അതെ അവൻ ആദ്യം എന്റെ ആരാധകനെ പോലെ സംസാരിച്ചു പിന്നെ എഴുത്തുകാരെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ അവന്റെ സംസാരത്തിൽ വിമർശനം വന്നു തുടങ്ങി അത്ര സെൻസിറ്റീവായി അവൻ എന്താ ചോദിച്ചത് ഓഹ് ഇനി ഒരിക്കൽ കൂടി അതൊന്നും പറയാനും വിശദീകരിക്കണമെന്നും അയ്യശ്വരി എനിക്ക് തല കറന്നു ഹെ നീ അത് വിട് ഒന്നും കാര്യമാക്കണ്ട കഴിഞ്ഞതാലോചിച്ച് വെറുതെ നേരം കളയാതെ മെഡിസിൻസ് ഒക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക് ഓക്കെ ഓക്കെ ആ ശ്വേത പിന്നൊരു കാര്യം നിന്റെ ആ ഓഡിറ്ററി എന്നെ വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാ എന്നെ വിളിച്ചത് പറഞ്ഞു ആണോ എന്ത് നിന്റെ റോയൽറ്റിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു ഒരു കാര്യം ചെയ്യും നീ തന്നെ അയാളെ നേരിട്ടൊന്ന് വിളിച്ച് സംസാരിക്കൂ എന്നാ കാര്യങ്ങൾ കൃത്യമായി അറിയാലോ ആ ശരി ശെരി ഞാന് വിളിച്ചോളാം ഓക്കേ എന്നാ ഗുഡ് നൈറ്റ് ഓക്കെ ഡിയ ടേക്ക് ഗുഡ് നൈറ്റ് ഈ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ഇത്ര പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും കണ്ടു വിട്ടു എന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ത് ഈ വഴിക്ക് അല്ല ഇതെന്താ കയ്യില് ഇത് എന്റെ ലാപ്ടോപ്പാ അന്നത്തെ ആക്സിഡന്റിൽ ഹാർഡ് ഡിസ്ക് ഡാമേജായി ഇതിലാ എന്റെ പുസ്തകങ്ങളുടെ ഓഡിറ്റർക്ക് ഈ ഡീറ്റെയിൽസ് വേണം അപ്പോ ഇതിലെ ഡേറ്റ എങ്ങനെയെങ്കിലും അല്ലാതെ എന്റെ കയ്യിൽ വേറെ ബാക്കപ്പ് ഒന്നും ഇല്ല കമ്പ്യൂട്ടർ സെന്ററിലോ റിപ്പയറിംഗ് ഷോപ്പിലോ കൊടുത്താ ശരിയാക്കി കിട്ടുമോ എന്തത് ഇത് ശരിയാക്കുന്നത് പണിയാണെന്നാണോ ശ്വേത വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അതിനു ശേഷമാ ഐടി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ശരിയാക്കി തരാം പിന്നെ അരവിന്ദ് അടുത്ത് ഒരു കരുതി പോകും കാറുണ്ട് ഇവിടെ അടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈവർ വരും ശ്വേത ആ അമ്പലത്തിലേക്ക് കാർ പോകില്ല ഓഫ് റോഡാ നടന്ന് പോകണം ഇവിടെ ശ്വക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്ടരവിന്ദ് ഇത് നിങ്ങളുടെ ഓഫീസ് ടൈം അല്ലേ ഞാൻ വലിയ കാര്യം അധികം നിന്ന് ആലോചിക്കാതെ എന്റെ കൂടെ വാ അന്നത്തെ പോലെ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല കേട്ടോ ഇവിടെ വരെ റോഡിലോട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടപ്പാതെയാണ് കുറച്ച് കയറ്റമുണ്ട് ശ്രദ്ധിച്ച് നടക്കണം ശ്വേത ഇഫ് യു ഡോ മൈൻഡ് ഞാൻ ശ്വേതയുടെ കൈ പിടിക്കട്ടെ ഇതിലേ ശ്രദ്ധിച്ചു ശ്വേത നമ്മൾ അമ്പലത്തിലെത്തി ശ്വേത അകത്ത് കയറി തൊഴിലിട്ട് വരൂ കേട്ടോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ലക്കിയ അമ്പലത്തിൽ കയറ്റില്ലാട്ടോ ഞങ്ങൾ ഇവിടെ നിന്നോളാം ശരി അരവിന്ദ് അരവിന്ദ് നീ എവിടെയാ ഞാനിവിടെ തന്നെ ഉണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തുറന്ന് ചോദിക്കുന്നതാ എന്റെ ഒരു രീതി എത്ര ശ്രമിച്ചിട്ടും എനിക്കത് മാറ്റാൻ കഴിയുന്നില്ല എന്തിനാ മാറ്റുന്ന മനസ്സിലൊന്നും വെക്കാതെ തുറന്ന് ചോദിക്കുന്ന ഈ സ്വഭാവം എനിക്കിഷ്ടായി അല്ല ശ്വ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നെ കൊണ്ട് ശ്വേതക്ക് വീണ്ടും പ്രശ്നമായോ ഏ നശിച്ച Now it's okay. ശ്വേത പറയാൻ ശ്വേതക്ക് എന്തുകൊണ്ട് വീണ്ടും എഴുതിക്കൂടാ ഓഹ് തുടങ്ങിയോ വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ ശ്വേതയുടെ എഴുത്ത് വായനക്കാരുടെ മനസ്സിൽ എത്രമാത്രം ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ശ്വേത എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശ്വേത അതറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ വായനക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ എന്റെ എഴുത്തിന് കഴിയുമെന്ന് ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല ആ നിലയിലുള്ള ഒരു എഴുത്തുകാരിയായിട്ട് ഞാൻ വളർന്നിട്ടില്ല ഓക്കെ അരവിന്ദ് ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം കൂടെ വന്നതിന് ശ്വേത ഒന്ന് നിൽക്കൂ എനിക്കറിയാം ആക്സിഡന്റ് ആയത് കൊണ്ടല്ല ശ്വേത എഴുത്തുനിർത്തിയത് അത് ശ്വേതയുടെ പുസ്തകം വായിച്ച മനസ്സിലാവും ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കൂ ഒരു വായനക്കാരൻ എന്ന നിലയിൽ അല്ലാതെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അരവിന്ദിന്റെ അഭിപ്രായം എന്നോട് പറയാട്ടോ ഓക്കെ എന്നാ കാണാം എന്നോടൊന്ന് ചോദിക്കട്ടെ നീ എന്തിനാ നമ്മൾ കണ്ട അരവിന്ദിനോട് നല്ല പരിചയക്കാരനെ പോലെ ഇടപഴകുന്ന പറയാതെ നിന്നെ ഞാൻ വീടില്ല മോളിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഇങ്ങനെ സന്തോഷിച്ചു കണ്ടിട്ട് എത്ര അല്ല ആരാ ഈ അരവിന്ദ് അത് അന്ന് ഞാൻ പാർക്കിൽ പോയില്ലേ അന്ന് പരിചയപ്പെട്ടതാ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവന് മോള് എന്താ പറഞ്ഞത് ചേച്ചി അന്ന് എന്റെ പുസ്തകത്തെ അവൻ വിമർശിച്ചു സംസാരിച്ചു പക്ഷെ ആ രീതി എന്നെ അത്ഭുതപ്പെടുത്തി അത് എങ്ങനെ മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലോ അവൻ വളരെ സത്യസന്ധമായിട്ട് സംസാരിച്ചു ആ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെയാ എന്റെ അമ്മ എന്നെ വിമർശിക്കാറുള്ളത് അപ്പോ ഞാൻ എന്നെ തന്നെ ന്യായീകരിച്ച് ദേഷ്യപ്പെടും ചെലപ്പോഴൊക്കെ കളിയായിട്ട് തള്ളിക്കളയും അന്ന് പാർക്കില് അരവിന്ദനോടും അതുപോലെ തന്നെയാ ഞാൻ അതെയോ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാ അവനെ ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി ഞാൻ നോക്കാം ആരാന്ന് വരും ചേച്ചി ഇതാ അരവിന്ദ് ഓ ശ്വേത പറഞ്ഞിരുന്നു ശരി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ശ്വേത എത്ര നാളുണ്ടാവും ഇവിടെ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഞാൻ ഈ പരിസരം എനിക്ക് ഇഷ്ടമായി എന്തായാലും കുറച്ചാൾ ഇവിടെ കാണും ഒറ്റയ്ക്കുള്ള എന്താ ഒറ്റക്ക് ബുദ്ധിമുട്ടായിരിക്കണോ പറഞ്ഞു വരുന്നത് അരവിന്ദ് ബന്ധുക്കൾ എന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക ഈ ഒറ്റയ്ക്കുള്ള താമസം ജീവിതം എന്നെ അതിനെ സഹായിക്കുന്നു ഞാൻ കരുതുന്നു ശ്വേത ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു ശ്വേത ആക്സിഡന്റിന് മുമ്പ് എഴുതി എന്നാൽ പൂർണ്ണമാക്കാൻ പറ്റാത്ത കഥകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഇടവേളയിൽ അത് മുഴുമല്ലോ ശ്വേത എന്താ പറ്റിയ കാര്യങ്ങൾക്കായിട്ട് കമ്പലേ ഇറ്റ് യു നോ യുവർ ലിമിറ്റ് സോറി ശ്വേത ഞാൻ വന്ന കാര്യം പറയാതെ മറ്റെന്തൊക്കെയോ സംസാരിച്ചു ആ ഹാർഡ് ഡിസ്ക് ഞാൻ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഡാറ്റ വല്ല രീതിയിലൊന്നും പോയിട്ടില്ല മാക്സിമം റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശ്വേത തെറ്റ് എന്റെ ഭാഗത്താണ് വൺസ് അഗൈൻ സോറി ഫോർ ദാറ്റ് ഞാൻ പോട്ടെ എന്തുണ്ട് വിശേഷം എന്താ എന്താ എനിക്ക് ഈ വഴി വന്നൂടെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല അതൊന്നല്ല അന്ന് ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി ദേഷ്യം വന്ന് എന്തൊക്കെയോ എന്നോട് ക്ഷമിക്കണം അരവിന്ദ് തെറ്റെന്റെ ഭാഗത്താ ശ്വേതയുടെ അപ്പഴത്തെ അവസ്ഥ മനസ്സിലാക്കാതെ വീണ്ടും എഴുതാൻ ഞാൻ നിർബന്ധിച്ചു ശ്വേതയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ പിന്നെ അരവിന്ദ് നിങ്ങളെന്ന് പറഞ്ഞത് ഞാൻ കൺസിഡർ ചെയ്യാം വീണ്ടും എഴുതാൻ ഞാൻ ശ്രമിക്കാം സന്തോഷം ശ്വേത ഓക്കെ എന്നാ ഞാൻ പോവുക ഇനിയും നിങ്ങൾ എന്റെ കയ്യിലുള്ള ഈ ഡിവൈസ് ഒരു പ്രോട്ടോ ടൈപ്പാണെന്ന് പറയാം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇതൊരു സാധാരണ ടാബാണ് ഇത് ചെറുതായി കോൺഫിഗർ ചെയ്ത് ഞാൻ ബ്രെയിൽ ക്യാരക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ പാഡിൽ കൈവരിൽ ഓടിക്കുമ്പോ അതിൽ അക്ഷരങ്ങളെ ശ്വേതയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് എഴുതുന്നതിലും ഈസിയാണ് സിംപിൾ ആണ് ഇനി എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടില്ലെന്ന് അരവിന്ദ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ആരുടെയും സഹായം ഇല്ലാതെ ശ്വേതയ്ക്ക് എഴുതാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടെയാണ് ശ്വേത ഞാനിതുണ്ടാക്കിയത് ഐ ഹോൾഡ് യുവർ ഹാൻഡ് തെറ്റിദ്ധരിക്കണ്ട ഈ ഡിവൈസ് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാനാ സോ ഇഫ് യു ഡോകാൻപാഡിൽ വിരൽ കൊണ്ട് ലൈറ്റ് ആയി ടച്ച് നോക്കൂ ഞാൻ ഞാൻ വീണ്ടും എഴുതാൻ വേണ്ടി നിങ്ങൾ ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്തിനാ നമ്മളെ പരിചയപ്പെട്ടിട്ട് ഇത്രയും കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് വേണ്ടി ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടാക്കി എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്നത് എന്തിനാ കാഴ്ചയില്ലാത്തവളോടുള്ള സഹതാവണോ എന്തിനൊക്കെ പിന്നെ ശ്വേതക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ശ്വേതയോടുള്ള ഇഷ്ടമായിട്ട് എടുക്കാം എങ്ങനെ അരവിന്ദന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് എന്തറിയാം അല്ല നിങ്ങളെ എനിക്കെന്തറിയാം നമ്മൾ പരിചയപ്പെട്ടിട്ട് എത്ര കുറച്ച് ദിവസങ്ങളാണ് ആയത് മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയാൻ എത്ര നാൾ വേണമെന്നാണ് ശ്വേത വിചാരിച്ചിരിക്കുന്നത് ഒരു മാസം രണ്ടു മാസം അല്ല പത്ത് വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ സമ്മതിക്കുവോ നിങ്ങളുടെ കഥകളിലൊക്കെ കണ്ടാൽ പ്രേമം ഖർച്ചീപടുത്ത് കൊടുത്താൽ പ്രേമം ഒക്കെ എഴുതുന്നുണ്ടല്ലോ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും സംഭവിച്ചൂടെ നോക്കാവിന്ദ് അന്ന് നിന്നെ ഹേർട്ട് ചെയ്തതിന് സോറി പറയാന് ഞാനിവിടെ വന്നത് ശ്വേതാ ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു ഉള്ളിൽ പ്രേമം തോന്നിയിട്ട് പുറത്തുവരും ഫ്രണ്ടായി അഭിനയിക്കുന്നത് ഹിപ്പോക്രസിയായി എനിക്ക് തോന്നിയത് ഇത് പറഞ്ഞത് ശ്വേതയ്ക്ക് ഇപ്പോ കാഴ്ചയില്ലാത്തത് കൊണ്ട് ഞാൻ കാണാൻ എങ്ങനെയാണ് എന്റെ രൂപം എങ്ങനെയാവും എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും സാധാരണ ആർക്കും തോന്നാവുന്ന അത്തരം തോന്നലുകളാണോ ശ്വേതയുടെ മനസ്സിനെ തടയുന്നത് തൊട്ടുമുമ്പല്ലേ അരവിന്ദ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പോ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ മനസ്സിലാക്കിയത് കാണാൻ ഭംഗിയുണ്ടായ ഞാൻ ഓക്കെ പറയുവെന്ന് വിചാരിച്ചു അരവിന്ദ് ശ്വേത ഇത് നോക്കിയേ എന്റെ ആദ്യത്തെ ബുക്കിന്റെ മാനസ്ക്രിപ്റ്റ് ആണിത് എന്റെ കൈപ്പടയിൽ എഴുതിയത് ഞാൻ ഇതുവരെ എഴുതിയ പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഇതിനോട് ഒരു ഉണ്ട് ആൻഡ് ദിസ് ബുക്ക് മീൻസ് എ ലോട്ട് ഫോർ മീ ഒരു സോറി പറയാൻ വേണ്ടി മാത്രമല്ല ഇത് തരാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനിയും എന്റെ മനസ്സിലുള്ളത് എങ്ങനെ നിനക്ക് മനസ്സിലാക്കി തരുമെന്ന് എനിക്ക് അറിയില്ല ശരി ഞാൻ പോട്ടെ അപ്പോ നിനക്കും എന്നോട് മൈ ഗോഡ് ഇത് മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി ഹേയ് ശ്വേത ഹായ് അശ്വതിയോ എന്താ ഷോപ്പിംഗ് ആ അശ്വതി ഇതാ അരവിന്ദ് അരവിന്ദ് ഇത് അശ്വതി എന്റെ ഡോക്ടറ ഹലോ അരവിന്ദ് ശ്വേത പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച് ഇവളുടെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയായിരുന്നു എനിക്ക് ഏതായാലും നിങ്ങളുടെ തീരുമാനം നന്നായി എനിക്ക് സന്തോഷായി അല്ല ശ്വേത മാരേജിനെ കുറിച്ച് എന്ത് തീരുമാനിച്ചു എനക്കറിയാലോ അംഗളുടെ അനുവാദം ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നാളെ ഡിന്നറിന് വരുമ്പോ അരവിന്ദിനെ മീറ്റ് ചെയ്യാന്ന് അങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പം മുതൽ അരവിന്ദ് അല്ലേ അരവിന്ദ് എന്നാ ഞാൻ പോട്ടെ രണ്ടാൾക്കും എന്റെ ആശംസകൾ നാളെ അങ്കിൾ വന്ന് പോയതിനു ശേഷം എന്നെ കോൾ ചെയ്യൂത്താ പിന്നെ ഇതിന്റെ എക്സൈറ്റ്മെന്റിലേ നിന്റെ റിവ്യൂ കാര്യം മറക്കണ്ട ഒന്നുമില്ല നീ അടിപൊളിയായി ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മാത്രം നല്ല റൊമാന്റിക് മൂഡിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഡിന്നർ ആയിരുന്നു ഇത് അതായിരുന്നു ബെറ്റർ ഓപ്ഷൻ ടോ ഇപ്പൊ നമ്മുടെ ആവശ്യം എന്താ വിവാഹം നടക്കണം അതിന് അങ്കളുടെ അനുവാദം വേണം അങ്കിൾ ഇത് സമ്മതിക്കും എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് അങ്കള് തടസ്സം നിക്കാറില്ല അങ്കിള് എന്താ ജോലി അങ്കിള് ഓഫീസറാളെ അങ്കിൾ ഞാൻ നിന്റെ ചെറുപ്പത്തിൽ എന്നെ കാണുന്ന പിന്നെ എന്തിനാ എന്നെ കാണുമ്പോ എന്ത് നിനക്ക് നിഷ്ഫുല്ലഞ്ഞിട്ടോ എ അല്ലാ നീ എന്നെ മറന്നുപോയോ അങ്കൾ അങ്കൾ അറിയോ അരവിന്ദനെ ഫസ്റ്റ് ടൈം പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവനവൈറ്റ് ലക്കി പെട്ടെന്ന് കമ്പനിയായി ഓ ഈസ് ഇ ഹ അതൊരു അത്ഭുതമാണല്ലോ അങ്കൾ വരും നമുക്ക് ഡിന്നർ വെച്ചുകൊണ്ട് സംസാരിക്ക ഓ ഷുവർ ആ വരും അരവിന്ദ് വാവ് ഡിന്നർ ഗ്രാൻഡ് ആണല്ലോ ശേദ മഞ്ജുള ചേച്ചിയുടെ പ്രിപറേഷൻ ആഹാ മഞ്ജുളിയുടെ പാചകമാണോ അപ്പൊ പിന്നെ മോശമാവില്ല ശ്വേതയുടെ അമ്മ മരിച്ചതിന് ശേഷം മഞ്ജുളിയാണ് ഇവൾക്ക് തണലായുള്ളത് അതിന് ഞങ്ങൾക്കെന്നും മഞ്ജുളിയോട് കടപ്പാടുണ്ട് എന്താ സാർ ഇത് ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ ഉം സത്യമല്ലേ ഞാൻ പറഞ്ഞത് ആ ഫോണിൽ ശ്വേതയോട് വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ പറ്റി നിങ്ങളുടെ ഫാമിലിയെ പറ്റി എല്ലാം പറയും എന്നെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല സാർ എനിക്ക് അച്ഛനും അമ്മയും ഓർഫനേജിലാണ് വളർന്നത് ഐ ആണ് ഞാൻ പഠിച്ചത് ഇപ്പോൾ സ്വന്തമായി ഒരു ഫോം നടത്തുന്നു പൊതുവെ ഭയങ്കര സെൻസിറ്റീവാണ് നിങ്ങൾക്ക് അച്ഛനും അമ്മയും കേട്ടപ്പോൾ തന്നെ സ്വാഭാവികമായും നിങ്ങളോട് സോഫ്റ്റ് അങ്കിൾ ഞാൻ എന്റെ എഴുത്ത് വീണ്ടും തുടങ്ങണമെന്ന് അരവിന്ദിന് നിർബന്ധം ഇനി അത് നടക്കില്ല എന്നും എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു അതും പറഞ്ഞ് ഞങ്ങൾ വഴക്കായി ഏതായാലും അരവിന്ദ് പറഞ്ഞതുപോലെ എഴുത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചു അങ്കിൾ ആഹാ അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ സത്യത്തിൽ വലിയൊരു കാര്യമാണ് നീ ചെയ്തത് ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് അരവിന്ദ് ഇവളെ കൊണ്ട് സമ്മതിപ്പിച്ചത് ശ്വേതയുടെ അമ്മയാണ് അവൾ എഴുതാനുള്ള കഴിവ് കണ്ടെത്തിയതും പ്രോത്സാഹനം കൊടുത്തതും മകൾ പ്രശസ്തയായ എഴുത്തുകാരി ആവണം എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും എന്നാൽ ഇവൾക്കുണ്ടായ ആ ആക്സിഡന്റിന് ശേഷം ഇവൾ ഇതുവരെ ഒന്നും എഴുതാതിരിക്കുമ്പോൾ എഴുതാനുള്ള ഇവളുടെ കഴിവ് തന്നെ നഷ്ടമായോ എന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ശ്വേതയുടെ ലൈഫിൽ നീ ഒരു നല്ല മാറ്റമാണ് ഉണ്ടാക്കിയത് അറിഞ്ഞുകൊണ്ട് തന്നെയാ മനസ്സിലായില്ല ശ്വേതയെ ഇവിടെ വെച്ച് കാണുന്നതിനും പരിചയപ്പെടുന്നതിനും മുമ്പ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എനിക്കറിയാവളെ എത്രയോ ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു ലിറ്റററി ജീനിയസാണ് അവൾ ഇവിടെ വെച്ച് നേരിട്ട് കണ്ടപ്പോ കൂടുതൽ പരിചയപ്പെട്ടപ്പോ എനിക്കെന്തോ ശ്വാണ് നി കാര്യങ്ങളെ കുറിച്ചും കഴിവുകളെ കുറിച്ചും നല്ല ധാരണയുണ്ട് ഇവരെ ഇത്രയും നന്നായി നിന്നെ മനസ്സിലാക്കി ഒരാൾ അതും ഇത്രയും ചുരുങ്ങിയ കാലം നിന്നെ മനസ്സിലാക്കിയ ഒരാൾ നിന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുമെന്നത് തീർച്ചയായിട്ടും ഇല്ലങ്കിൾ അതൊന്നും തീരുമാനിച്ചിട്ടില്ല അങ്കിളുടെ അഭിപ്രായം എന്തായിരിക്കും ഇനി എപ്പോ വേണമെന്ന് അങ്കിള് തീരുമാനിച്ചോളൂ ഞങ്ങൾ റെഡി അല്ല അരവിന് എന്റെ റിട്ടയർമെന്റിന് ഇനി അധികം മാസങ്ങളില്ല അതിനു മുന്നേ നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന എന്റെയും ആഗ്രഹം നമുക്ക് ആലോചിക്കാം രാഘവൻ അങ്കിൾ വരൂ അങ്കിൽ അകത്തേക്ക് വരൂ അങ്കിൾ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയതേ ഈസ് എവറിങ് ഫൈൻ ശ്വേതക്ക് അസുഖം വല്ലതും ശ്വേത എന്നും സുഖമായിരിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ ഓ വരൂ ഇരിക്കൂ ടീ കോഫി എന്തെങ്കിലും എടുക്കട്ടെ നോ താങ്ക്സ് ആ അരവിന്ദ് പറയൂ അങ്കിൾ എന്താണ് പ്രശ്നം അങ്കിൾ എന്താണ് എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് നമ്മളെന്ന് എല്ലാം വിശദമായി സംസാരിച്ചതല്ലേ അങ്ങൾ ഓക്കെ പറഞ്ഞതല്ലേ പിന്നെന്താസ് പറഞ്ഞു പക്ഷേ ആ പറയൂ എന്താണൊരു പക്ഷേ ശ്വേതയെ നിങ്ങൾക്ക് എത്ര നാളായിട്ടറിയാം ഏകദേശം ഏഴു മാസമായിട്ടറിയാം ഈ ഏഴു മാസം കൊണ്ട് ശ്വേതയെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയോ രാഘവൻ സാർ ചുറ്റി വളയ്ക്കാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പറയാം അതിനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതും ശ്വേതയെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നതല്ല എന്റെ പോയിന്റ് പിന്നെന്താണ് പ്രശ്നം ശ്വേതയെ ഞാൻ വിവാഹം ചെയ്യുന്നത് നിങ്ങൾക്കത്ര താല്പര്യമില്ലാത്തതുപോലെയുണ്ടല്ലോ എന്താ അവൾക്ക് ഞാൻ യോഗ്യനല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അനാഥനാണെന്നതും എന്റെ സ്റ്റാറ്റസും ഒക്കെ ശ്വേതയെ ബാധിക്കുമെന്ന് അങ്കിളിൽ തോന്നുന്നുണ്ടോ എന്താ അരവിന്ദ് ഞാൻ അത്ര പഴഞ്ചൻ ചിന്താഗതിയുള്ളവനാണെന്ന് കരുതിയോ നിങ്ങളുടെ പ്രണയത്തിനൊന്നും ഞാൻ എതിരില്ല നിങ്ങൾ ശ്വേതയുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവളിലുള്ള മാറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആക്സിഡന്റിന് ശേഷം അവൾ ഇത്ര ഹാപ്പിയായി കാണുന്നത് ഇപ്പോഴാണ് പക്ഷേ ഇതൊക്കെ എത്ര നാളത്തേക്കാണ് ആക്സിഡന്റ് അവളുടെ ലൈഫിനെ കാര്യമായി മാറ്റിമറിച്ചിട്ടുണ്ട് ചില ഓർമ്മനഷ്ടങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ട് നഷ്ടപ്പെട്ട ഓർമ്മകൾ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടാമെന്നാണ് ഡോക്ടർ പറയുന്നത് ചിലപ്പോൾ ഒരിക്കലും ആ ഓർമ്മകൾ തിരിച്ചു കിട്ടിയില്ലെന്നും വരാം ഇതൊന്നും പക്ഷേ ശ്വേതക്കറിയില്ല നഷ്ടപ്പെട്ടുപോയ ഓർമ്മകൾ അവൾക്ക് തിരിച്ചു കിട്ടിയാൽ അവൾ പഴയതുപോലെ അരവിന്ദുമായുള്ള ഈ ബന്ധം അവളുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് സീരിയസ്നെസ് അരവിന്ദന് മനസ്സിലാവുന്നുണ്ടോ അവൾക്ക് നിങ്ങളെ തന്നെ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം നോക്കൂ കല്യാണത്തിന് ഇപ്പോഴുള്ള ഈ ഓർമ്മകൾ മാരി അരവിന്ദനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം എന്താവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരവസ്ഥയിൽ ശ്വേതയുമായൊരു കല്യാണം അഭികാമ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് മറ്റെന് വിചാരിച്ച് ഞാൻ ആകെ പേടിച്ചുപോയല്ലോ എന്താ അരവിന്ദ് ഇത് കുട്ടിക്കളിയല്ല ില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യമേ അറിയാമല്ലോ ഏ നിനക്കിതൊക്കെ അറിയാമായിരുന്നു എന്നിട്ടാണോ അതെ ശ്വേതയുടെ പഴയകാലം അവൾക്ക് ഓർമ്മയില്ലെന്ന കാര്യം എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ ഏഴു മാസത്തോളമായി ശ്വേതയുമായി ഇത്ര അടുത്തിട അവളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അറിയാതെ അവളെ പ്രണയിക്കുന്നതിൽ എന്താണ് അർത്ഥം ലുക്ക് മിസ്റ്റർ രാഘവൻ അപകടത്തിൽ കേടായ ഹാർഡ് ഡിസ്ക് ശരിയാക്കാൻ ശ്വേത എന്റെ അടുത്ത് തന്നിരുന്നു അതിലെ ഡാറ്റ റെക്കവർ ചെയ്തപ്പോൾ ശ്വേത എഴുതി പബ്ലിഷ് ചെയ്യാത്ത ഒന്ന് രണ്ട് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി കിട്ടി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവക്കൊന്നും തന്നെ ഓർമ്മയില്ല അപ്പൊ തന്നെ എനിക്കുറപ്പായിരുന്നു ശ്വേതയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലോ എന്തായാലും ശ്വേതയുടെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ലോ ഏത് സമയത്തും എന്തും സംഭവിക്കാം ഇത്രയും ക്രിറ്റിക്കലായിട്ടുള്ള ഒരവസ്ഥയിൽ ഈ കല്യാണം നടന്നാൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാവിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ആലോചിക്കാൻ ഒന്നുമില്ല ശ്വേതയെ കല്യാണം കഴിക്കുമെന്ന എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്താ നിങ്ങൾ ഹീറോ ചമയാനാണോ ഭാവം വലിയ വലിയ ഡയലോഗുകളാണല്ലോ ഇങ്ങനെ ഓർമ്മനഷ്ടമായ കഥകളുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയും ജീവിതവും ഒരുപോലെയാണെന്ന് കരുതണ്ട അങ്ങനെ കരുതുന്ന ഒരാളല്ല ഞാൻ എന്റെ തീരുമാനങ്ങൾ ഉറച്ചതാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല സത്യം പറ ശ്വേതയുടെ പണവും കണ്ടിട്ടല്ലേ നിങ്ങൾ ഈ തീരുമാനത്തെ തന്നെ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ സിനിമാ കഥ പോലെയല്ല ജീവിതം എന്ന് പറഞ്ഞില്ലേ നിങ്ങളിപ്പോ സിനിമയിലെ വില്ലനെ പോലെയാണ് സംസാരിക്കുന്നത് നമ്മളെന്ന് ശ്വേതയുടെ വീട്ടിൽ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ശ്വേതയോട് ചോദിച്ചിരുന്നു അങ്കിൾ നമ്മുടെ ബന്ധത്തിൽ ായി വരുമോ എന്ന് അതാലോചിച്ച് നിങ്ങൾ കരുതുന്നത് പോലെ അങ്കിളിന്റെ കരുതലിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശ്വേതയെ നിങ്ങൾ അത്രക്ക് സ്നേഹിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ തന്നെ അതേ കരുതലും സ്നേഹവും എനിക്കും ശ്വേതയോടുണ്ട് അവളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട ഷീ സിൻ സേഫ് ഹാൻഡ്സ് അവളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടവൾ ഒരു പോലീസ് ഓഫീസറായിട്ട് പോലും അവളെ വേണ്ടതുപോലെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ അത് താങ്ങാനുള്ള ശക്തി അവൾക്കില്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ കല്യാണം എങ്ങനെ നടക്കുമെന്ന് നമുക്ക് കാണാം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായെന്ന് ശ്വേത അറിയേണ്ട ഹലോ ശ്വേത ഒരു സർപ്രൈസ് വരും ഇരിക്കു എന്തു വേണ്ടത് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്ത എന്റെ ശബ്ദം ഭയങ്കര ഡാണല്ലോ എന്താ അരവിന്ദ് അങ്ങനൊന്നുമില്ല സോറി ഓ ഭയങ്കര ഇങ്ങനെയല്ലോ സംസാരിക്കാറ് എന്താ ശ്വേത എനിക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നമ്മുടെ കല്യാണത്തിന് മുമ്പ് നീ അത് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നീ അത് വറീഡാണല്ലോ എനി പ്രോബ്ലം ഹേയ് അങ്ങനെയൊന്നുമില്ല ഇന്ന് നമുക്ക് നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ അരവിന്ദ് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടത്രേ എല്ലാതെ ശ്വേത നിന്നോട് അരവിന്ദ് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ ഞാനൊരു ഹാക്കർ ഏതു സിസ്റ്റത്തിലും നിഷ്പ്രയാസം കയറാനും വാലുബിൾ ഡാറ്റാസ് എളുപ്പത്തിൽ മോഷ്ടിക്കാനും കഴിയുന്ന ഒരു ഹാക്കർ അങ്ങനെയാണ് നിന്റെ സിസ്റ്റം ഞാൻ ഹാക്കെയ്തത് നിൻ്റെ പബ്ലിഷ് ചെയ്യാത്ത ബുക്ക്സ് റോയൽറ്റി നിനക്ക് കിട്ടാനുള്ള മോണിറ്ററി ബെനിഫിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം എൻ്റെ കയ്യിലാണല്ലോ ഇതല്ലേ അരവിന്ദ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ ശ്വേത തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് ഞാൻ പറയുന്നു നമ്മുടെ പ്രധാന ഡാറ്റകളുള്ള ലാപ്ടോപ്പും ഹാർഡ് ഡിസ്ക്കും മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ നീ ശ്രദ്ധിക്കണമായി എത്രയോ സൈബർ ക്രൈമുകൾ നടക്കുന്ന കാലമാണിത് ഈ ജനറേഷനിലുള്ള നിന്നെ പോലൊരാൾ ഇത്ര കേർലെസ് ആകാൻ പാടുണ്ടോ അരവിന്ദ് ഇതിൽ കൂടുതൽ അവൻ എന്ത് പറയാനാ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ ശ്വേത എല്ലാം തുറന്നു പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്യാനാണ് ഞാൻ ഇപ്പൊ വന്നത് അപ്പോ അങ്കിൾ പറഞ്ഞതെല്ലാം ശേദ ഞാൻ പറയുന്നത് നീ ആദ്യം കേൾക്ക് ഓ ദേർ യു പോലീസ് കാരന്റെ മുന്നിൽ നിന്ന് ക്രിമിനൽ ആട്ടിനാടിക്കുന്നു കോൺസ്റ്റബിൾ യെസ് സർ ഇവനെ വലിച്ചു ടീപ്പിൽ കയറ്റി ഓക്കേ സർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ബാക്കി मणि മണിയായി പറയി മ്മ് ശേദ please ഞാൻ പറയുന്നത് കേൾക്ക് വരാനാ പറഞ്ഞത് ശേദ please അരുവിൻ അരുവിൻ അങ്കിൾ ഹലോ ശ്വേത അര് ഓൾറൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു റിയലി സോറി എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ആരെന്തു പറഞ്ഞിട്ടും ഇനി എന്താ കാര്യം അശ്വതി യാദൃശ്ചികമായിട്ട് അരവിന്ദന്റെ ലൈഫിൽ വന്നു സത്യം പറഞ്ഞ അവൻ കൂടെ ഉള്ളപ്പോ അമ്മ അടുത്തുള്ള പോലെ ഒരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഇപ്പോ എന്റെ കാഴ്ചക്ക് പകരം എന്റെ ജീവൻ തന്നെ പോയാൽ മതിയായിരുന്നു തോന്നിപ്പോവ നീ വെറുതെ ഓരോന്നാലോചിച്ച് കാട് കയറണ്ട നീ ഇപ്പൊ എവിടെയുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം ഹലോ ശ്വേത ഒന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നീ ഇപ്പൊ എവിടെയുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത പാർക്കില്ലേ അവിടെയുണ്ട് അരവിന്ദ് ഇപ്പോഴും കൂടെ തന്നെ ഇണ്ടല്ലേ എന്താ നീ പറഞ്ഞ ഏയ് ഒന്നുമില്ല നമുക്കേ കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം നീ ഒരു കാര്യം ചെയ്യ ഇപ്പ തന്നെ എന്റെ ഹോസ്പിറ്റലിലേക്ക് വാ ഏയ് ഞാൻ വരുന്നില്ല അശ്വേത ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് ഫോണിൽ പറഞ്ഞപ്പോ പറ്റില്ല ഇത് നേരിട്ട് പറയേണ്ട കാര്യമാണ് നീ ഇങ്ങോട്ട് വരൂ ഡ്രൈവറല്ലേ കൂടെ ഉണ്ട് എന്നാൽ പെട്ടെന്ന് വാ ഓക്കെ ശരി ഞാൻ വരാം ഡ്രൈവർ ഹോസ്പിറ്റലിലേക്ക് പോകാം അശ്വതിയെ കാണണം വണ്ടിയെടുക്ക് വണ്ടിയും കാണുന്നില്ലല്ലോ ചായ കുടിച്ച് തിരിച്ചു വരുമ്പഴേക്കും പോയത് മാഡം എവിടിയാ എന്തായി പറയുന്ന നീ വരിലായിരുന്നു നീ വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ടോ അരവിന്ദ് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അന്ന് ഞാൻ പറയാൻ വന്ന കാര്യം ക്ഷമയോടെ നീ കേട്ടിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല ും പറഞ്ഞതിന്റെ അർത്ഥം ശ്വേതീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്റെ ജീവന തുല്യമായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നതും സ്നേഹിക്കുന്നതും പക്ഷെ നിന്റെ ഏതോ നോവൽ വരുന്ന ഒരു സാധാരണ കഥാപാത്രമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധാരണ അധ്യായം നീ പറഞ്ഞത് ഒരു അർത്ഥത്തിൽ സത്യമാണ് ഥയിലെ ഒരു അധ്യായമായിട്ട് തന്നെയാണ് ആ അധ്യായത്തിനുള്ള വില എത്രയാണെന്ന് അറിയോ ആ അധ്യായം ഇല്ലെങ്കിൽ നീ വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ടോ അരവിന്ദ് അതെ അങ്കിൾ രാഘവൻ പോലീസ് ആണല്ലോ അരവിന്ദ് നീ കാർ ശ്വേതൈറ്റ് നിന്റെ വണ്ടിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഇതാരി അരവിന്ദോ എന്തായത് മിസ്റ്റർ നിങ്ങൾ ജാമ്യത്തിൽ പുറത്തു വന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ ശ്വേതയെ വന്ന് കണ്ടത് നിയമപ്രകാരം തെറ്റാണ് ഈ ഒരൊറ്റ കാരണം മതി നിങ്ങളുടെ ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യുക വണ്ടിയിൽ നിന്ന് ഇറങ്ങ ശ്വേത ഇറങ്ങടോ അരവിന്ദ് മര്യാദയ്ക്ക് ഇവിടെ ശല്യം ചെയ്യുന്നത് നിർത്തിക്കോ നോക്ക് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ കാര്യങ്ങൾ പിടിച്ചാൽ കെട്ടാതെയാകും കസ്റ്റഡിയിലിരിക്കെ ഞാൻ എത്ര നിങ്ങളെ വൺ ചെയ്തിട്ടുണ്ട് ശ്വേതയെ ഉപദ്രവിക്കരുതെന്ന് ശ്വേത എന്താ നീയൊന്നും ഇണ്ടാതിരിക്കുന്നത് ഇവൻ നിന്നോട് മോശമായൊന്നും പെരുമാറിയില്ലല്ലോ ശ്വേത നമുക്ക് പിന്നെ അറിഞ്ഞിട്ടും അയാൾ ഇപ്പോ നിന്നെ കാണാൻ വന്നത് നീ എന്താ എന്നെ അറിയിക്കാതിരുന്നത് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം അങ്കിൾ വണ്ടി എടുക്കല്ലേ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് എന്താ പറ അരവിന്ദ് എന്നെ കല്യാണം കഴിച്ച പിന്നീട് എൻ്റെതല്ല അവനുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ എന്നെ ചതിച്ച് സ്വന്തമാക്കേണ്ട കാര്യമില്ലല്ലോ നിന്റെ ആ ലോജിക്ക് കറക്റ്റ് ആണ് പക്ഷേ നീ ഒരു വിഡ്ഢിയാണ് നിന്നെ കല്യാണം കഴിച്ച് ഇവൻ ജീവിതകാലം മുഴുവൻ നിന്നെ നല്ലപോലെ നോക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് ഇവനെ പോലുള്ളവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്കറിയാമോ നല്ല സ്വത്തുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് ഡീറ്റെയിൽസ് എടുത്ത് സ്മാർട്ടായി അഭിനയിച്ച് അവരുടെ വീക്ക്നെസ് മുതലെടുത്ത് ആളെ സ്വന്തമാക്കും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ എസ്കേപ്പായി വേറെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തു ഇവരുടെ പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ട് ഞാൻ ഇതുപോലെ എത്ര കേസുകൾ കട്ടിച്ചു അരവിന്ദിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ അന്വേഷിച്ചു കാണില്ലേ പിന്നല്ലാതെ ഞാനൊരു പോലീസുകാരനാണ് നീ ഇവനെ പറഞ്ഞ നിമിഷം തന്നെ എല്ലാ വിവരങ്ങളും അങ്ങനെയാണെങ്കി ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ രേഖകളോ ഏതെങ്കിലും കേസ് ഹിസ്റ്ററിയോ അങ്ങൾടെ കയ്യിലുണ്ടോ അരവിന്ദനെ കുറിച്ച് ഞാൻ എന്ത് എന്താ ഉത്തരം പറയാൻ പറ്റുന്നില്ല അല്ലെ പറയൂ അങ്കിൾ പിന്നെ എന്തിനാ അങ്ങൾ ഞങ്ങള് പിരിക്കാൻ ശ്രമിച്ചത് ഞാൻ എത്ര ചോദിച്ചിട്ടും അങ്കള് കാരണം പറയുന്നില്ല നിങ്ങളെ വിശ്വസിച്ച് ഞാൻ അരവിന്ദിനെ തെറ്റിദ്ധരിച്ചു അവൻ പറയാൻ ശ്രമിച്ചതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല തയ്യാറായില്ല എനിക്കവനെ കാണണം ലക്കി വാ അരവിന്ദടുത്ത് പോവാറോഡിൽ ഇറങ്ങിപ്പോ അരവിന്ദ് അരവിന്ദ് അരവിന്ദ് എവിടെയാള്ളത് അരവിന്ദ് ശ്വേത ശ്വേത കാം ഡോൺ പ്ലീസ് അശ്വതി നീയോ ഞാൻ ആശുപത്രിയിലാണോ ഉള്ളത് എനിക്ക് അരവിന്ദിനോ ഉടനെ ഒന്ന് കാണണം പ്ലീസ് എന്നെ അരവിന്ദ ആദ്യം ഞാൻ പറയുന്നത് എനിക്ക് സമാധാനായിട്ട് ഇരിക്കാൻ പറ്റില്ല ഞാൻ അരവിന്ദനെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്റെ ദേഷ്യം കൊണ്ടും സംശയം കൊണ്ടും അവൻ പറയാൻ വന്നതൊന്നും ഞാൻ കേട്ടില്ല പ്ലീസ് അശ്വതി എന്നെ അരവിന്ദ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ ശരി അതിനു മുൻപ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അന്ന് നീ അരവിന്ദ ഇറങ്ങിപ്പോയില്ലേ വീണ്ടും പറയേണ്ട കാര്യമില്ല അന്ന് ഞാൻ അവസാനമായിട്ട് കേട്ടത് അരവിന്ദിന്റെ ശബ്ദവും ഫീൽ ചെയ്തത് എന്നെ രക്ഷിച്ച് അവന്റെ കൈകളുവാസ് എക്സാക്ട് ഗോഡ്സ് ഗ്രേസ് അരവിന്ദ് ആ അപകടത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചു പക്ഷേ ന് എന്താ എന്തോ അരവിന്ദന് അശ്വതി പ്ലീസ് ദയവേത് അവന്റെ അടുത്തേക്ക് കൊണ്ടുപോ എനിക്കിപ്പ തന്നെ അവനെ കാണണം അവനെ കാണണം കാണണം നീ പറയുന്നുണ്ടല്ലോ നിന്റെ അവസ്ഥയെപ്പറ്റി നിനക്ക് ബോധമില്ലേ ഐ എം സോറി ശ്വേത നിന്നെ ഹേട്ട് ചെയ്യാൻ പറഞ്ഞതല്ല ഞാൻ അന്നത്തെ അപകടം നിന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല നീയൊരു ചെറിയ ട്രോമയിലാണ് ഉണ്ടായിരുന്നത് യു നോവോട്ട് അതിനുശേഷം നിനക്ക് ഡോണറിനെ കിട്ടി വളരെ റിസ്ക് എടുത്തിട്ടാണ് നിനക്ക് സർജറി ചെയ്തിട്ടുള്ളത് ഇന്ന് നിന്റെ കണ്ണിന്റെ കെട്ടഴിക്കുന്ന ദിവസമാണ് സോ പ്ലീസ് റിലാക്സ് റിലാക്സ് കോപ്പറേറ്റ് സിസ്റ്റർ ഈ റൂമിലെ ലൈറ്റ്സ് ഒന്ന് ഡിം ചെയ്യൂ യെസ് മേഡം ശ്വേത നിന്റെ കണ്ണുകൾ മെല്ലെ തുറക്കാൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിനക്ക് എന്നെ കാണാമോ കൂട്ടിക്കൊണ്ടുപോ ശ്വേത നീ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് അന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത് അപ്പോഴേക്കും കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ശ്വേത കുറച്ചു ദിവസം മുന്നേ അരവിന്ദ് എന്നെ കാണാൻ വന്നിരുന്നു എന്താ അരവിന്ദ് അരവിന്ദ് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ റിലാക്സ് ശ്വേത എല്ലാ കാര്യങ്ങളും നീ അറിയാൻ പോവുകയാണ് വരൂരൂ എന്തേ ഈ നേരത്ത് അതും ഈ പെരുമഴയത്ത് ശ്വേത വന്നില്ലേ കൂടെ ഇല്ല ഹാ ഹെൽത്ത് വൈസ് എസ്പെഷ്യലി ഹെ മെൻ്റൽ ഹെൽത്ത് ശ്വേതയ്ക്ക് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് അരവിന്ദ് അവളുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് ഇത്രയധികം മാറ്റം ഉണ്ടായത് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് പക്ഷേ റിവ്യൂ ചെക്കപ്പിന് നിങ്ങൾ അവളെയും കൂട്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ടെന്താ ഒറ്റയ്ക്ക് ഈ നേരത്ത് ഇനി പ്രോബ്ലം പ്രോബ്ലംസ് ഉണ്ടാകരുതെന്നാണ് അത് ഞാൻ അറിയും വന്ന് കണ്ടപ്പോ അങ്കിളിന് ഇഷ്ടായി കല്യാണത്തിന് സമ്മതിച്ചു എന്ന് ശ്വേത എന്നോട് പറഞ്ഞിരുന്നല്ലോ അത് കഴിഞ്ഞ് അപ്പോ ശ്വേതയുടെ കാര്യങ്ങളെല്ലാം അങ്കിൾ വിശദമായി പറഞ്ഞിട്ടുണ്ടാവും ീ മിസ്റ്റർ രാഘവൻ ആരാണെന്നറിയോ എൻ്റെ അച്ഛനാ ഈ പറയുന്ന രാഘവനങ്ങ് ഈ പ്രപ്പോസലിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തന്നെയാണ് അച്ഛനെ അങ്ങോട്ടയച്ചത് സത്യം പറഞ്ഞ ഒരു കസിൻ നിലയിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചതാണ് നിങ്ങളുടെ ഈ ബന്ധം പക്ഷേ ശ്വേതയുടെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കത് അപ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന് ഈ ഡിന്നർ ക്ഷണത്തെക്കുറിച്ച് ശ്വേത എന്നോട് പറഞ്ഞത് എന്നാൽ പിന്നെ അച്ഛൻ ത്രൂ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് കരുതി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പറയാമെന്ന് കരുതി നിങ്ങൾ പക്ഷേ അഡമെന്റായിരുന്നു നിങ്ങൾക്ക് ശ്വേതയുടെ പാസ്റ്റ് അറിയില്ലല്ലോ അവൾ അനുഭവിച്ചതിൻ്റെ തീവ്രതയൊന്നും വാക്കുകൾ കൊണ്ട് വിവരിച്ചാൽ മനസ്സിലാവില്ല അവളുടെ എല്ലാ കഷ്ടതകൾക്കും കാരണം അവളുടെ അച്ഛൻ തന്നെയായിരുന്നു എന്തിനും താങ്ങും തണലുമായി അമ്മയുണ്ടായിരുന്നു സ്വന്തം അച്ഛൻ മകളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്കാണ് ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയുക ഏത് പ്രതിസന്ധിയിലും സ്ട്രോങ് ആയി നിൽക്കുന്ന അമ്മയെപ്പോലെ ജീവിച്ചു കാണിക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു എഴുത്താണ് ശ്വേതയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ആശ്വാസവും നൽകുന്നത് എന്നും അതിലാണ് കൃത്യമായി അറിയുന്ന അമ്മ ഒരു ദിവസം മകളെയും കൂട്ടി വീട് വിട്ടിറങ്ങി സ്വസ്ഥമായ എഴുത്തും തുടർന്നുള്ള പ്രശസ്തിയൊന്നും അധികം നീണ്ടു നിന്നില്ല അച്ഛൻ യെസ് അവളുടെ അച്ഛൻ വീണ്ടും അവരെ തേടിയെത്തി ഉപദ്രവം തുടങ്ങി തുടർച്ചയായ ഉപദ്രവത്തിൽ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അമ്മയെ എന്നേക്കുമായി ശ്വേതയ്ക്ക് നഷ്ടമായി എന്റെ അച്ഛൻ പോലീസായിരുന്നിട്ടുപോലും ശ്വേതയുടെ അച്ഛൻ്റെ പണത്തിനു മുൻപിൽ നീതി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല അവളുടെ മനസ്സിനേറ്റം മുറിവുളക്കാനും കഴിഞ്ഞില്ല ഉലഞ്ഞുപോയ അവളുടെ മനസ്സിനെ നേരെയാക്കാനും കഴിഞ്ഞില്ല അരവിന്ദനറിയാമോ ശ്വേതയുടെ കാഴ്ച നഷ്ടപ്പെട്ട ആക്സിഡൻറ്റ് വെറുമൊരു കാർ ആക്സിഡൻ്റ് ആയിരുന്നില്ല അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി അവൾക്കുണ്ടായ മെമ്മറി ലോസ് ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ സൂയിസൈഡ് ചെയ്യണമെന്ന് സ്ഥിരമായി ഉണ്ടാവുന്ന തോന്നൽ പൂർണമായും ഇല്ലാതായി എന്നതാണ് സി അരവിന്ദ് ശ്വേതയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതായത് പഴയ പല ഓർമ്മകളും നഷ്ടമായ അവസ്ഥയിൽ എങ്ങനെ ഒരു കല്യാണത്തിന് ഞങ്ങൾ സമ്മതമുള്ളൂ എന്തസംബന്ധമാണ് അരവിന്ദ് അവൾ ഇപ്പോഴും ഒരു രോഗിയാണ് ഒരു ഡോക്ടർ നിലയിൽ എനിക്ക് അവളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല മെന്റൽ ഹെൽത്താണ് മറ്റെന്തിനേക്കാളും പ്രധാനം ഈ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം അവളുടെ രോഗത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ക്യൂർ ആണ് ഒരു ഡോക്ടർ നിലയിൽ എന്റെ ലക്ഷ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പഴയ ഓർമ്മകളും ആത്മഹത്യ ടെൻഡൻസിയൊക്കെ അവൾക്ക് തിരിച്ചു കിട്ടണമെന്നാണോ ജീവിതം അവസാനിപ്പിക്കണമെന്ന ചിന്ത ഇപ്പൊ ശ്വേതക്കില്ല നിറയെ സന്തോഷവും സമാധാനവുമാണ് അവളുടെ മനസ്സ് ഈ സന്തോഷം നിലനിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും പിന്നെ ഡോക്ടർ ചോദിച്ചില്ലേ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് അങ്ങനെയൊന്ന് സംഭവിച്ച് അവൾ എന്നെ ശരി ഞാൻ അവൾ ഉപേക്ഷിക്കില്ല എന്റെ ജീവനേക്കാൾ ഞാനെന്ന് സ്നേഹിക്കുന്നു അരവിന്ദ് അരവിന്ദ് പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കൂ അവനുമായി ഞാൻ ഒരു അരമണിക്കൂറോളം സംസാരിച്ചപ്പോ തന്നെ അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി മറ്റൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി എന്താ നിന്റെ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോ വലിയ ഭാവ ഉണ്ടായിരുന്നില്ല നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കിയതുപോലെയായിരുന്നു അവന്റെ മുഖഭാവം നീ എന്തായി പറയുന്നത് അശ്വതി ഞങ്ങൾ ഇതുവരെ പഴയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എപ്പോഴൊക്കെ സംസാരിക്കുമ്പോഴും ഭാവിയെ കുറിച്ച് ഞാനും അവനും പറയാറുള്ളൂ ശ്വേത അവനെല്ലാം അറിയായിരുന്നു എല്ലാം അശ്വതി നീ ഒന്നെ അവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവോ എനിക്ക് അവനോട് സംസാരിക്കണം കാംഡൌൺ ശ്വേത കാം ഡൗൺ നിന്റെ ആക്സിഡന്റിന് മുന്നേ നീ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഒരു കഥ നീ ഇത് നോക്ക് ഇത് ഈ ബുക്കിലുള്ള കയക്ഷരം എന്റെയാണല്ലോ പക്ഷെ ഇതെപ്പോ എഴുതിയതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല നിനക്ക് അപകടം സംഭവിച്ച ആ ദിവസം അതായത് നിന്റെ ജീവിതം നീ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ദിവസം വരെ നിന്റെ കൈപ്പടയിൽ നീ എഴുതിയത് നിന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് നിന്റെ കഥയിൽ നീ എഴുതിയ അവസാനത്തെ അധ്യായം പക്ഷേ നീ കരുതിയതുപോലെ കഥ അവിടെ അവസാനിച്ചിട്ടില്ല ഒരു അധ്യായം കൂടെ അതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അതെഴുതിയത് ഞാനൊരു എഴുത്തുകാരനല്ല പക്ഷെ ഈ കഥ ഇങ്ങനെ അവസാനിക്കേണ്ട ഒന്നല്ല ഇതിങ്ങനെ അപൂർണമായി അവസാനിക്കുന്നത് എനിക്ക് അംഗീകരിക്കാനാവില്ല മറ്റൊരാളുടെ കഥയിൽ മാറ്റം വരുത്താൻ എനിക്കെന്ത് അധികാരം ശരിയാ എനിക്കെന്തധികാരം എന്നാൽ മാറ്റം വരുത്താൻ പോകുന്നത് വേറെ ആരുടെയും കഥയിലല്ലല്ലോ എന്റെ ശ്വേതയുടെ ജീവിതകഥയിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം മാറ്റിയെഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ശ്വേതയുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ സംഭവം അതാണ് ഒരു അധ്യായമായി എഴുതിയിരിക്കുന്നത് അതൊരു മനോഹരമായ രാത്രിയായിരുന്നു നല്ല നിലാവ് തണുത്ത കാറ്റ് അങ്ങനെ എന്തുകൊണ്ടും സുഖശീതലമായ നല്ലൊരു രാത്രി പക്ഷേ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചതും ആ രാത്രിയായിരുന്നു പുഴയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ പാലത്തിനടുത്തേക്ക് നടന്നു നീങ്ങിയ ഞാൻ കാണുന്നത് അതിവേഗത്തിൽ നിയന്ത്രണം കെട്ടി എനിക്ക് നേരെ ചീരിപ്പാഞ്ഞു ഒരു കാരണയാണ് അടുത്ത നിമിഷം പാലത്തിൻ്റെ കൈവരിയുടെ മതിലിൽ അത് ഇടിച്ച് തകർന്നു നിന്നു സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങി വന്ന ഞാൻ ആ കാറിനകത്തുള്ളവരെ രക്ഷിക്കാനാകുമോ എന്നാണ് നോക്കിയത് ഇടിച്ചു തകർന്ന കാർ ഭയങ്കര ശബ്ദത്തോടെ കത്തിക്കൊണ്ടിരുന്നു തീ പടരാത്ത ഒരു ഡോറിനിടയിലൂടെ എത്തിനോക്കുമ്പോൾ അതാ അവിടെ ഒരു യുവതി ആദ്യമായി ഞാൻ ശ്വേതയെ കാണുകയായിരുന്നു അവൾ അബോധാവസ്ഥയിലായിരുന്നു കാറിൽ മറ്റാരും ഇല്ലായിരുന്നു ഒരു പട്ടിയുടെ ഞരക്കം കേൾക്കാം ഞാനതിനെ സീറ്റിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ടു പിന്നീട് ശ്വേതയെയും ഭാഗ്യത്തിന് അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു ശ്വേതയുടെ വേറബോട്ട്സ് അറിയാൻ ഞാൻ കാറിനകത്തുള്ള ബാഗ് നേരത്തെ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു ബന്ധുക്കളെ വിവരമറിയിക്കണമല്ലോ ആ ബാഗിലുണ്ടായിരുന്നതാണ് ശ്വേത എഴുതി പൂർത്തിയാക്കാത്ത അവളുടെ ജീവിതകഥ ഞാൻ അവളുടെ ജീവിതകഥ മുഴുവൻ പിന്നീട് വായിച്ചു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളൊന്നും തന്നെ ഒന്നുമല്ല എന്ന് തോന്നി ഞാൻ ആത്മഹത്യയ്ക്ക് മുതിർന്നത് എത്രമാത്രം ബാലിശമായിപ്പോയി എന്നെനിക്ക് ലജ്ജ തോന്നി പിന്നീട് ആലോചിച്ചപ്പോൾ ശ്വേതയുടെ ആ കാറപകടം പോലും ഒരു ആത്മഹത്യാ ശ്രമം ആയിക്കൂടെയെന്നും എനിക്ക് തോന്നി അവൾ എഴുതിയ ആ ജീവിതകഥയിൽ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായിരുന്നതാനും എന്നാൽ ആ സംഭവത്തോടെ ഞാൻ ആത്മഹത്യാ ചിന്താഗതിയെ വെറുത്തു തുടങ്ങി ഓർമ്മയും കാഴ്ചയും നഷ്ടപ്പെട്ട ശ്വേത കുറെ കൂടി വിഷാദവതിയായിരിക്കുമെന്ന് ഉറപ്പ് ആ മനസ്സിലേക്ക് സ്വയം ചിന്തകൾ ഒരിക്കലും കടന്നു അവൾ തുടർന്നും എഴുതിയേ മതിയാവും അതിനുവേണ്ടിയാണ് ഞാൻ ശ്വേതയെ പിന്തുടർന്നത് അങ്ങനെ ശ്വേതയുമായി അടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അന്ന് പാർക്കിൽ ലക്കി ശ്വേതയെ എന്റെ അടുത്തെത്തിക്കുന്നത് അത് നിന്റെ ഹെൽത്തിനെ അച്ഛന്റെ പിടിവാശി മൂലം നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിലോ എന്ന് പേടികൊണ്ട് ഈ ബുക്ക് നിന്നെ വേണ്ടിയാണ് അരവിന്ദ് അന്ന് എന്നെ കാണാൻ വന്നത് അശ്വതി അരവിന്ദ് എവിടെയാ എനിക്കവനിപ്പതന്നെ കാണു ശ്വേത എന്താ അശ്വതി എന്തോന്നും ശ്വേത ൾ കൊണ്ടാണോ ഈ അധ്യായം എഴുതിയത് അതേ കണ്ണുകൾ കൊണ്ടാണ് നീ ഇപ്പോൾ ഈ അധ്യായം വായിച്ചത് ഞാനിത്ര ശ്രമിച്ചിട്ടും അരവിന്ദിനെ രക്ഷിക്കാൻ സാധിച്ചില്ല അവൻ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് എന്നോട് പറയാൻ ശ്രമിച്ചിരുന്നു അപ്പോഴൊന്നും ഞാൻ അവനെ കേട്ടില്ല ഒരിക്കൽ എന്നോട് ചോദിച്ചു നിന്റെ കഥയിലൊരു അധ്യായമാണോ ഞാനെന്ന് മനസ്സുകൊണ്ട് ഞാനവനെ എന്റെ ജീവിതത്തിലെ തന്നെ പ്രധാന അധ്യായമായിട്ട് കരുതിയിരുന്നു ഈ അധ്യായവും ജീവിതവും എല്ലാം എനിക്ക് നഷ്ടമായി ഞാൻ ഞാൻ കാരണമാണ് അരവിന്ദിന് ഈ വന്നത് ശ്വേ അല്ല അങ്ങനെയല്ല പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെ ജീവിച്ച അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി കൊടുത്തത് നീയാണ് നിന്നെ കണ്ടുമുട്ടിയതിന് അവന്റെ ലൈഫിലും ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായി അവൻ അന്ന് എന്നോട് പറഞ്ഞത് ഇപ്പൊ വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞുപോയ കാലത്തിൽ ജീവിച്ച് വരാനിരിക്കുന്ന നല്ല കാലം നമ്മൾ എന്തിനെ പാഴാക്കണമെന്ന് ശരിയാണവൻ പറഞ്ഞത് ശ്വേത ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണം അവൻ്റെ ഒരേ ഒരു ആഗ്രഹം നീ നീ എഴുത്ത് നിർത്തരുതെന്നായിരുന്നു ഏത് സിറ്റുവേഷനിലും നീ എഴുത്ത് തുടരുമെന്ന് എനിക്ക് വാക്കു തരണം നിന്റെ അരവിന്ദിന് വേണ്ടി ഓ അശ്വതി അരവിന്ദിൻ്റെ ഓർമ്മകൾക്കുള്ള എന്റെ കടപ്പാട് ഇനി എന്റെ എഴുത്തിലൂടെ ആയിരിക്കും സമാപിക്കുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശ്വേത മഞ്ജിമാ മോഹൻ അരവിന്ദ്ഘവൻ പുതിന്നൂർ ബാലഗോപാലൻ അശ്വതി വിനീതാസുമം മഞ്ജുള എസ് ആർ മായ നഴ്സ് കെ വി ഡ്രൈവർ സജി സബാസ്റ്റ്യൻ നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച് പശ്ചാത്തല സംഗീതം സുദർശൻ നിർവഹണ സഹായം വിനീതാസുമം എ നിത്യ